മാസചന്ദ്രന്മാരെക്കുറിച്ച് അവർ നിന്നോടു ചോദിക്കുന്നു പറയുക അവ ജനങ്ങൾക്കും ഹജ്ജിനും വേണ്ടിയുള്ള സമയനിർണയങ്ങളാണ് വീടുകളുടെ പിൻഭാഗത്തു കൂടി പ്രവേശിക്കുന്നതല്ല പുണ്യം മറിച്ച് അള്ളാഹുസുബാനുഹൂവത്തായാലാവിനെ ഭയപ്പെടുന്നവനാണ് പുണ്യവാൻ വീടുകളിൽ അവയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി അള്ളാഹുസുബാനുഹൂവയാലാവിനെ ഭയപ്പെടുവീൻ